ം മുപ്പത്തിനാല് യോശിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് എട്ടു വയസ്സായിരുന്നു അവൻ മുപ്പത്തൊന്ന് സംവത്സരം എരുഷലേമിൽ വാണു അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു തന്റെ പിതാവായ ദാവീദിന്റെ വഴികളിൽ വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ നടന്നു അവന്റെ വാഴ്ചയുടെ എട്ടാം ആണ്ടിൽ അവന്റെ യൗവനത്തിൽ തന്നെ അവൻ തന്റെ പിതാവായ ദാവീദിന്റെ ദൈവത്തെ അന്വേഷിച്ചു തുടങ്ങി പന്ത്രണ്ടാം ആണ്ടിൽ അവൻ പൂജാഗിരികളെയും അശേരപ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും നീക്കി യഹൂദയെയും യരിശിലേമിനെയും വെടിപ്പാക്കുവാൻ തുടങ്ങി അവൻ കാണെ അവർ ബാൽ ബലിപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു അവയ്ക്ക് മീതയുള്ള സൂര്യസ്തംഭങ്ങളെ അവൻ വെട്ടിക്കളഞ്ഞു അശേരാ പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും തകർത്ത് പൊടിയാക്കി അവയ്ക്ക് ബലി കഴിച്ചവരുടെ കല്ലറകളിന്മേൽ വിതറിച്ചു അവൻ പൂജാരികളുടെ അസ്ഥികളെ അവരുടെ ബലിപീഠങ്ങളിന്മേൽ ദഹിപ്പിക്കുകയും യഹൂദയെയും എരുശിലേമിനെയും വെടിപ്പാക്കുകയും ചെയ്തു അങ്ങനെ അവൻ മനശിയുടെയും യഫ്രൈമിന്റെയും ഷിമയോന്റെയും പട്ടണങ്ങളിൽ ഫ്താലിവരെയും ചുറ്റിലും അവരുടെ ശൂന്യ സ്ഥലങ്ങളിൽ ചെയ്തു അവൻ ബലിപീഠങ്ങളെ ഇടിച്ച് അശേരാ പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയുമെല്ലാം തകർത്ത് പൊടിയാക്കി ഇസ്രയേൽ ദേശത്ത് എല്ലായിടവും സകല സൂര്യ സ്തംഭങ്ങളെയും വെട്ടിക്കളഞ്ഞ് യരുഷലേമിലേക്ക് മടങ്ങിപ്പോന്നു അവന്റെ വാഴ്ചയുടെ പതിനെട്ടാം ആണ്ടിൽ ദേശത്തെയും ആലയത്തെയും വെടിപ്പാക്കിയ ശേഷം അവൻ അസല്യാവിന്റെ മകനായ ഷാഫാനെയും നഗരാധിപതിയായ മയശേയവയും യോവാശിന്റെ മകനായ രാജസക്കാരൻ യോവാഹിനെയും തന്റെ ദൈവമായ യഹോവയുടെ ആലയത്തിന്റെ അറ്റകുറ്റം തീർപ്പാൻ നിയോഗിച്ചു അവർ മഹാപുരോഹിതനായ ഹിൽകിയാവിന്റെ അടുക്കൽ ചെന്നപ്പോൾ വാതിൽ കാവൽക്കാരായ ലേവ്യർ മനശയോടും എഫ്രൈമിനോടും ശേഷമുള്ള എല്ലാ ഇസ്രയേലിനോടും എല്ലാ യഹൂദയോടും ബെന്യാമിനോടും യെരുഷലേം നിവാസികളോടും പിരിച്ചെടുത്ത് ദൈവാലയത്തിൽ അടച്ചിരുന്ന ദ്രവ്യം ഏൽപ്പിച്ചു കൊടുത്തു യഹോവയുടെ ആലയത്തിൽ വേല ചെയ്യിക്കുന്ന കയ്യിലും അവർ യഹോവയുടെ ആലയത്തിന്റെ അറ്റകുറ്റം തീർത്ത് നന്നാക്കുവാൻ ആലയത്തിൽ പണി ചെയ്യുന്ന പണിക്കാർക്കും കൊടുത്തു ചെത്തിയ കല്ലും ചേർപ്പുപണിക്ക് മരവും വാങ്ങേണ്ടതിനും യഹൂദരാജാക്കന്മാർ നശിപ്പിച്ചിരുന്ന കെട്ടിടങ്ങൾക്ക് തുലാങ്ങൾ വയ്ക്കേണ്ടതിന് ആശാരികൾക്കും പണിക്കാർക്കും തന്നെ ആ പുരുഷന്മാർ വിശ്വാസത്തിന്മേൽ പ്രവർത്തിച്ചു മെരാര്യരിൽ യഹദ് എന്ന ലേവ്യരും പണി നടത്തുവാൻ കെഹാത്യരിൽ സെഖരിയാവും മെസുല്ലാമും വാദ്യപ്രയോഗത്തിൽ സാമർഥ്യമുള്ള സകല ലേവ്യരും അവരുടെ മേൽവിചാരകന്മാർ ആയിരുന്നു അവർ ചുമട്ടുകാർക്കും അതത് വേല ചെയ്യുന്ന എല്ലാ പണിക്കാർക്കും മേൽവിചാരകന്മാരായിരുന്നു ലേവ്യരിൽ ചിലർ എഴുത്തുകാരും ഉദ്യോഗസ്ഥന്മാരും വാതിൽക്കാവൽക്കാരും ആയിരുന്നു അവർ യഹോവയുടെ ആലയത്തിൽ പിരിഞ്ഞുകിട്ടിയ ദ്രവ്യം പുറത്തെടുത്തപ്പോൾ ഹിൽകിയ പുരോഹിതൻ ഹോവ മോശ മുഖാന്തരം കൊടുത്ത ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തി ഹിൽകിയാവ് രാജസക്കാരനായ ഷാഫാനോട് ഞാൻ യഹോവയുടെ ആലയത്തിൽ ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഹിൽകിയാവ് പുസ്തകം ഷാഫാന്റെ കയ്യിൽ കൊടുത്തു ഷാഫാൻ പുസ്തകം രാജാവിന്റെ അടുക്കൽ കൊണ്ടുചെന്ന് രാജസന്നിധിയിൽ ബോധിപ്പിച്ചത് അടിയങ്ങൾക്ക് കൽപ്പന തന്നതുപോലെ ഒക്കെയും ചെയ്തിരിക്കുന്നു യഹോവയുടെ ആലയത്തിൽ കണ്ട ദ്രവ്യം പുറത്തെടുത്ത് വിചാരകന്മാരുടെ കയ്യിലും വേലക്കാരുടെ കയ്യിലും കൊടുത്തിരിക്കുന്നു രാജസക്കാരനായ ഷാഫാൻ രാജാവിനോട് ഹിൽക്കിയ പുരോഹിതൻ ഒരു പുസ്തകം എന്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും ബോധിപ്പിച്ചു ഷാഫാൻ അതിനെ രാജസന്നിയിൽ വായിച്ചു കൾപ്പിച്ചു ന്യായപ്രമാണത്തിലെ വാക്യങ്ങളെ കേട്ടിട്ട് രാജാവ് വസ്ത്രം കീറി രാജാവ് ഹിൽകിയാവോടും ഷാഫാന്റെ മകൻ അഹികാമിനോടും മീഖയുടെ മകൻ അബ്ദോനോടും രാജസക്കാരനായ ഷാഫാനോടും രാജപൃത്യനായ അസായാവോടും കൽപ്പിച്ചത് നിങ്ങൾ ചെന്ന് കണ്ടുകിട്ടിയിരിക്കുന്ന ഈ പുസ്തകത്തിലെ വാക്യങ്ങളെക്കുറിച്ച് എനിക്കും ഇസ്രയേലിലും യഹൂദയിലും ശേഷിച്ചിരിക്കുന്നവർക്കും വേണ്ടി യഹോവിയോട് അരുളപ്പാട് ചോദിപ്പീൻ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും അനുസരിച്ച് നടക്കത്തക്കവണ്ണം നമ്മുടെ പിതാക്കന്മാർ യഹോവിയുടെ വചനത്തെ പ്രമാണിക്കാതെയിരുന്നതുകൊണ്ട് നമ്മുടെ മേൽ ചുരിഞ്ഞിരിക്കുന്ന യഹോവയുടെ കോപം വലിയതല്ലോ അങ്ങനെ ഹിൽകിയാവും രാജാവ് നിയോഗിച്ചവരും ഹസ്രയുടെ മകനായ തുഹ്ഹത്തിന്റെ മകനായി രാജവസ്ത്ര വിചാരകനായ ഷല്ലൂമിന്റെ ഹുൽദ എന്ന പ്രവാചികയുടെ അടുക്കൽ ചെന്നു അവൾ യരുസലേമിൽ രണ്ടാം ഭാഗത്ത് പാർത്തിരുന്നു അവളോട് ആ സംഗതിയെക്കുറിച്ച് സംസാരിച്ചു അവൾ അവരോട് ഉത്തരം പറഞ്ഞത് ഇസ്രയേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു നിങ്ങളെ എന്റെ അടുക്കൽ പുരുഷനോട് നിങ്ങൾ പറയേണ്ടത് എന്തെന്നാൽ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു ഞാൻ ഈ സ്ഥലത്തിനും നിവാസികൾക്കും യഹൂദാ രാജാവിന്റെ മുമ്പാകെ വായിച്ചു കേൾപ്പിച്ച പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സകല ശാപങ്ങളുമായ അനർത്ഥം വരുത്തും അവർ എന്നെ ഉപേക്ഷിച്ച് തങ്ങളുടെ സകല പ്രവർത്തികളാലും എനിക്ക് കോപം വരത്തക്കവണ്ണം അന്യദൈവങ്ങൾക്ക് ധൂപം കാട്ടിയതുകൊണ്ട് എന്റെ കോപം ഈ സ്ഥലത്ത് ചുരിയും അത് കെട്ടുപോകയും ഇല്ല എന്നാൽ യഹോവിയുടെ ചോദിപ്പാൻ നിങ്ങളെ അയച്ച യഹൂദരാജാവിനോട് നിങ്ങൾ പറയേണ്ടത് എന്തെന്നാൽ നീ കേട്ടിരിക്കുന്ന വചനങ്ങളെക്കുറിച്ച് ഇസ്രയേലിന്റെ ദൈവമായ ഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു ഈ സ്ഥലത്തിനും നിവാസികൾക്കും വിരോധമായുള്ള ദൈവത്തിന്റെ വചനങ്ങളെ നീ കേട്ടപ്പോൾ നിന്റെ ഹൃദയമലിഞ്ഞ് നീ അവന്റെ മുമ്പാകെ നിന്നെത്തന്നെ താഴ്ത്തുകയും എന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തി നിന്റെ വസ്ത്രം കീറി എന്റെ മുമ്പാകെ കരുകയും ചെയ്യുക കൊണ്ട് ഞാനും നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട് ഞാൻ നിന്നെ നിന്റെ പിതാക്കന്മാരോട് ചേർത്തുകൊള്ളും നി സമാധാനത്തോടെ നിന്റെ കല്ലറയിൽ അടക്കപ്പെടും ഞാൻ ഈ സ്ഥലത്തിനും നിവാസികൾക്കും വരുത്തുവാൻ പോകുന്ന അനർത്ഥമൊന്നും നിന്റെ കണ്ണ് കാണുകയുമില്ല അവർ രാജാവിനെ ഈ മറുപടി ബോധിപ്പിച്ചു അനന്തരം രാജാവാളയച്ച് യഹൂദയിലും യെരുഷലേമിലുമുള്ള എല്ലാ മൂപ്പന്മാരെയും കൂട്ടിവരുത്തി രാജാവും സകല യഹൂദ പുരുഷന്മാരും യെരുസലേം നിവാസികളും പുരോഹിതന്മാരും ലേവ്യരും ആപാലവൃദ്ധം സർവജനവും യഹോവയുടെ ആലയത്തിൽ ചെന്നു അവൻ യഹോവയുടെ ആലയത്തിൽ വെച്ച് കണ്ടുകിട്ടിയ നിയമപുസ്തകത്തിലെ വാക്യങ്ങളെയെല്ലാം അവരെ കേൾപ്പിച്ചു രാജാവ് തന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് താൻ യഹോവയെ അനുസരിക്കുകയും അവന്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പൂർണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ പ്രമാണിച്ചു നടക്കുകയും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമത്തിന്റെ വചനങ്ങൾ ആചരിക്കുകയും ചെയ്യുമെന്ന് യഹോവയുടെ മുമ്പാകെ ഒരു നിയമം ചെയ്തു യെരുഷലേമിലും ബെന്യാമീനിലും ഉണ്ടായിരുന്നവരെയൊക്കെയും അവനതിൽ യോജിപ്പിച്ചു യെരുഷലേം നിവാസികൾ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ ദൈവത്തിന്റെ നിയമപ്രകാരം ചെയ്തു യോശിയാവ് ഇസ്രയേൽ മക്കൾക്കുള്ള സകലദേശങ്ങളിൽ നിന്നും സകല മ്ലേച്ഛതകളെയും നീക്കിക്കളഞ്ഞു ഇസ്രയേലിൽ ഉള്ളവരെല്ലാം തങ്ങളുടെ ദൈവമായ ഹോവയെ സേവിപ്പാൻ സംഗതി അവന്റെ കാലത്തൊക്കെയും അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ ഹോവയെ വിട്ടുമാറിയില്ല